സത്യം എന്ന് വെച്ചാൽ എന്താ രണ്ടില്ലേ ഇല്ലേ അവന് സത്യത്തിൽ തന്നെ അദ്വൈതമാണ് സത്യം ദമഹ ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം ചെയ്യണത് ഷമ മനസ്സിനെ നിയമനം ചെയ്യണത് ശാന്തമാക്കണത് സുഖം സാത്വികമായ സുഖം ദുഃഖം വിഷമങ്ങൾ കാണുമ്പോഴുള്ള ദുഃഖം ഭവ അഥവാ ഭാവുണ്ടാവല്ലേ അഭാവ ഇല്ലാതിരിക്കല് ഭവോ അഭാവോ ഇവിടെ ഭാവോ അഭാവോന്ന് ഈ പാഠത്തിൽ കാണുന്നു ഭവോ അഭാവോ ഭയം ചെ അഭയമേവച് അതിലെങ്ങനെയായിരിക്കണേ അല്ല ഭാവോ അഭാവോ ഭവമാണോ ഭാവമാണോ ഭവമാണോ അതിൽ പാഠം ഭാവം ഭവോ അഭാവ് ഉണ്ടാവുക ഇല്ലാതിരിക്കാം അതിപ്പോ പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിലാവണമെങ്കിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഭവമാണ് അല്ലേ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ജാഗ്രതയിലീ ലോകൊക്കെ ഉണ്ട് ശരീരക്കുണ്ട് സ്വപ്നത്തിലും മനസ്സെന്തൊക്കെയോ കാണിക്കണു സുഷുപ്തിയിലോ അഭാവം ഇത് രണ്ടും എവിടെയാ നടക്കുന്നത് ഏതോ ഞാൻ ഇത് രണ്ടും ഈ ഭവത്തിനെയും അഭാവത്തിനെയും അനുഭവിക്കുന്നത് ഒരേ ആളാണ് ഒരേ ആളില് തന്നെയാണ് ഭവമും അഭാവമും നടക്കുന്നത് രണ്ടും ഭവം ഭവോ അഭാവോ ഭയം ചെ ഭയുണ്ടാവുന്നു സെക്യൂരിറ്റി ഫീലിംഗ് ലോകത്തിലെങ്ങനെ ജീവിക്കും ദുഃഖം ഉണ്ടാവുന്നു വിഷമങ്ങൾ ഉണ്ടാവുന്നു പേടി ഉണ്ടാവുന്നു ഭയം ഭയംച് അഭയമേ വെച്ച് അവസാനം ആ ഭയം നിവൃത്തമാവണം നോക്കൂ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയം വരും ഈ ഭയം തീരാതെ കുറച്ചു ദിവസം എന്തെങ്കിലും കൊണ്ട് നടക്കും അത് കഴിഞ്ഞ് ഈ ഭയം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ അത് ഒഴിഞ്ഞുപോയി എന്ത് ഭാവവും കുറച്ചു ദിവസത്തേക്ക് വരും നിൽക്കും മറഞ്ഞുപോകും ഒരു ഭാവവും നിത്യായിട്ട് നിൽക്കില്ല ഭയം വെച്ച് അഭയമേ വെച്ച് ഫിയർലെസ്നെസ് ഭയമില്ലായ്മ ആത്മാവിന്റെ സ്വരൂപമാണ് അതും ഭയം അഭയമേ വച്ച് അഹിംസ ആരെയും ഹിംസിക്കാതെ ദ്വേഷിക്കാതെ ഇരിക്കൽ സമത സമബുദ്ധി തുഷ്ടി കിട്ടുന്നതുകൊണ്ടുള്ള സന്തോഷം തപഹ മനസ്സും ഇന്ദ്രിയുമൊക്കെ ഏകാഗ്രമാക്കി ഉള്ളിലാക്ക ഇനി ശരിക്കും പറഞ്ഞാൽ തപസ് ഇറ്റ് ജനറേറ്റഡ് ഉള്ളില് അന്തര്യാമയുടെ പ്രസാദം കൊണ്ട് തപസ്സുണ്ടാവും വിവേകാനന്ദ സ്വാമികൾ ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹം ലെറ്ററിൽ എഴുതുന്നു ഇത്രയൊക്കെ പ്രവർത്തിച്ചൊക്കെ കഴിഞ്ഞ് അവസാനം എല്ലാം വലിച്ചെഴുതുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്ത ഒരാൾക്ക് ലെറ്റർ എഴുതുന്നു തപസ് ചെയ്യണ തപസ്സല്ല ഈശ്വരൻ ഗുരു കാരുണ്യം കൊണ്ടൊക്കെ ഉള്ളിലുണ്ടായ ആ ജ്ഞാനശക്തി ജ്വലിക്കണം തപം തപസ് ബ്രഹ്മത്തിന്റെ അഗ്നിക്ക് പോലെ തപസ് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് അത് ഉപനിഷത്ത് തന്നെ പറയണത് തന്നെ ആത്മാവിന്റെ അഗ്നിക്ക് ചൂടുപോലെ ഉള്ള സ്വഭാവം പ്രകൃതിയാണെന്നാണ് അപ്പൊ ആത്മാനുഭവം ഉണ്ടാവുമ്പോ ആ തപസ് അങ്ങനെ ഉള്ളിൽ ജ്വലിക്കണം അപ്പൊ തപസ് നമ്മൾ ചെയ്യണതല്ല ദ ഇനർ ബീങ് ടു Generate, manifest as tapas, എ spiritual experience. ആ സമയത്ത് ചിലരൊക്കെ തപസ് ചെയ്യും ഒരു കാലത്ത് സാധകന്മാർക്ക് ഒരു സമയത്ത് തീവ്ര വൈരാഗ്യം സാധന യോഗ പരിശീലനം ഒക്കെ ഉണ്ടാവും പിൽക്കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവുകയില്ല അപ്പൊ അന്ന് ചെയ്തു ഇന്നെവിടെ പോയി അന്ന് ചെയ്യാനുണ്ടായിരുന്നു ഉള്ളിലുള്ള ആളൊക്കെ റിവീൽ ചെയ്തു ഇന്നൊക്കെ അപ്പോഴാണ് അറിയുക അതും നമ്മളൊന്നും ചെയ്തതല്ല ഈശ്വരൻ എന്തെന്ത് ഏതേത് സമയത്ത് ഉള്ളിൽ റിവീൽ ചെയ്യണോ അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ നടക്കും മന്ത്രദീക്ഷ മുതലായിട്ടുള്ളതൊക്കെ പോലും ഉള്ളിൽ നിന്നാണോ കിട്ടണ പോലെ തോന്നും സമയമാവുമ്പോ ചിലതൊക്കെ വെളിയിൽ നിന്ന് സർഫസ് നിന്ന് അതുകൊണ്ടാണ് നല്ല സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാർ മന്ത്രോപദേശമൊന്നും അങ്ങനെ കൊടുക്കുന്നുല്ല ആരെങ്കിലും ചോദിച്ചാലൊന്നും കൊടുക്കാൻ പറ്റില്ല ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഈശ്വരൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾവേസ് ഹാപ്പനിങ് നോട്ട് ഡൂയിങ് നടക്കും നടക്കുമ്പോ ഈ ശിഷ്യന് യോഗ്യത വന്ന് കഴിയുമ്പോൾ മന്ത്ര ഉപദേശവും ഒക്കെ കിട്ടും ചിലപ്പോൾ ഉള്ളിൽ തന്നെ കിട്ടും ചിലപ്പോൾ വെളിയുന്ന ഗുരുവിനും കിട്ടും പല മഹാപുരുഷന്മാരടുത്ത് മന്ത്രോപദേശം വാങ്ങിക്കുന്നവർക്കൊക്കെ ആ മന്ത്രം പലപ്പോഴും സ്വപ്നത്തിൽ മുമ്പേ കിട്ടിയിട്ടുണ്ടാവും ഗുരു പറയും ഉള്ളൂ പറയുമ്പോൾ ഓ ഇത് മുമ്പേ ഉള്ളുണ്ടായിരുന്നുവല്ലോ എന്ന് തോന്നുന്നു അവരുടെ ഉള്ളിൽ തന്നെ ജന്മജന്മാന്തരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബീജം മുക്തി ബീജം ഭാവ ബീജത്തിനെ ഗുരു വർബലൈസ് ചെയ്യണു അത്രേ ഉള്ളൂ മന്ത്രം ഉപാസനാ മൂർത്തി ഇഷ്ടദേവത എന്നൊക്കെ പറയണത് ശരിക്കും ഈ സമ്പ്രദായം അറിയണവർക്ക് അറിയാം ഈ ദൈവത്തിനെ ഭജിക്കാൻ പാടുള്ളൂ ദൈവത്തിനെ ഭജിക്കാൻ പാടുള്ളൂ സാട്ട്യം പിടിക്കണതൊന്നും ശരിയാവില്ല കാരണം ഓരോരുത്തരും ഓരോരോ ഭാവബീജത്തിനുള്ളിൽ കൊണ്ടുവരുന്നുണ്ടാവും ആ ഭാവബീജത്തിനെ അറിഞ്ഞുകൊണ്ട് ഗുരു ഉപദേശിക്കുക ഉപദേശിക്കുമ്പോ ആ ഭാവബീജത്തിന് ഉള്ളിൽ പിടിച്ചുകൊണ്ട് തന്നെ അതിന് ശ്രദ്ധാനദീ വിമല ചിത്ത ജലാഭിഷേകി നിത്യം സമാധി കുസുമൈ ഹി ഉപാസന ഉള്ളില് ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധന ധ്യാനമാവുന്ന അർച്ചന പുഷ്പം കൊണ്ട് പൂജിച്ച് അതിനെ അങ്ങനെ ആ ബീജത്തിനെ വളർത്തി വളർത്തി അനുഭവം വൃക്ഷുണ്ടാവും മഹാഭാവുണ്ടാവും അപ്പോ ഇതൊക്കെ തന്നെ അകമയ്ക്ക് ഉണ്ടാവണതാണ് ഭവന്തി ഭാവാഭൂതാനാം ദാനം നമുക്ക് തുഷ്ടി സന്തോഷം നിറവ് ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോ ഉള്ളിൽ തുഷ്ടി ഉണ്ടാവും നിറഞ്ഞു മതിയെ അതുപോലും ഭഗവത് കൃപയില്ലാതെ സാധ്യമാവില്ല എന്നാണ് എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയാം എല്ലാം ഉണ്ട് ലോകത്തില് ചില നല്ല ആളുകൾക്ക് പോലും ഈ കുഴപ്പമുണ്ട് കാരണമില്ലാത്ത ഒരു അതിനൊരു വാക്ക് പറയണേ ലിസ്റ്റ് ലെസ്നറ ഡിപ്രഷൻ എന്തോ ഒരു കുറവ് ഓക്കാരം വരുന്ന പോലെ തുഷ്ടിയില്ല പ്രസാദുണ്ടായില്ല ഉള്ളിൽ പ്രസാദം ഉണ്ടാവുമ്പോ തുഷ്ടിഹി തപഹ ദാനം ദാനം പോലും ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുക്കണം നമ്മൾ ദാനം ചെയ്യുമ്പോ എന്താ ഈഗോ ഗിഫ്റ്റ്സ് ഇറ്റ് നോഫ്സ് അമ്മ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഫോട്ടോ എടുക്കാനൊന്നും പറയില്ലല്ലോ അല്ലെ നാലുവെച്ച് നോക്കൂ അമ്മ എന്റെ കുട്ടിക്ക് കൊടുക്കുമ്പോ കുട്ടി നന്ദി കാണിക്കണമെന്ന് വിചാരിക്കുമോ ഞാൻ മകനു കൊടുക്കണെന്ന് ഫോട്ടോ എടുത്തിട്ട് നാളത്തെ പേപ്പറിൽ ഇടൂന്ന് പറയുമോ എന്താ തനിക്ക് തന്നെയാ കൊടുക്കണത് കൊടുക്കണ കുട്ടിയോ അത് വാങ്ങിയിട്ട് എവിടെങ്കിലും എടുത്തിടും അല്ല ഒരു വില പോലുമില്ല കുട്ടിക്ക് അപ്പൊ ഈശ്വരൻ നമുക്ക് തിരഞ്ഞെടുത്തോ അങ്ങനെയാണല്ലോ അപ്പൊ എത്രയോ തന്നത് നമ്മൾ വല്ല തിരിഞ്ഞു നോക്കണുണ്ടോ അല്ലേ ഇന്ന് തന്നോണ്ടിരിക്കണു മഴയൊക്കെ പെയ്യണു സമയത്തിന് ഋത്തുക്കളൊക്കെ നടക്കണോ എല്ലാം നടന്നുണ്ട് അപ്പൊ ദാനം ഈശ്വരനായിട്ട് ഇരുന്നുകൊണ്ട് ദാനം ചെയ്യലാണ് വ്യക്തിയല്ല കൊടുക്കുന്നത് കൊടുക്കുന്നത് അറിയാനേ പാടില്ലാന്ന് ദാനം യശ ഈശ്വരനായിട്ട് നൽകുന്ന യശസ് എന്നുവച്ചാൽ ജ്ഞാനികൾക്ക് ഉണ്ടാവുന്ന ഒരു അവര് പ്രചരിപ്പിക്കുകയോ അറിയിക്കുകയോ ഒന്നും വേണ്ട അത് ഇങ്ങനെ പ്രചരിക്കും ചിലപ്പോ എവിടെയെങ്കിലും അമേരിക്കയിലുള്ള ആൾക്ക് സ്വപ്നം കാണും അങ്ങനെയൊക്കെ ഭഗവാനെ കാണാൻ എത്ര പേര് വന്നിരിക്കുന്നു എവിടെയോ ഉള്ള ആളുകൾക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവും വരും എവിടെയോ കണ്ടു ആകൃഷ്ടമാവും ഇതൊക്കെ ഈശ്വരനായിട്ട് കൊടുക്കുന്ന യശസ്സാണ് ഈശ്വരന്റെ യശസ്സാണ് വ്യക്തിയുടെ അല്ല അയശ അതുപോലെ ഈ ജീവന് ഈ ഫെയിം പേര് പുകഴൊക്കെ ദോഷമാണെങ്കിൽ ഭഗവാൻ തന്നെ അത് എടുത്തു കളയും നശിപ്പിക്കും അയശസ് ചിലപ്പോൾ അപമാനം ഉണ്ടാക്കും അത് ചിലരൊക്കെ അതൊരു ഓപ്പറേഷൻ പോലെയാണ് കുറെ അപമാനമൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ ഈഗോ ഇപ്പൊ ചിലതൊക്കെ ഉണ്ടല്ലോ ചില ഗ്രോത്തൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് ചില വിഷമൊക്കെ കൊടുക്കേണ്ടി വരും ആ ഗ്രോത്ത് എരിഞ്ഞു പോവാനായിട്ട് ക്യാൻസറിനൊക്കെ ചില പഴയ ചികിത്സയിൽ അട്ടവെച്ച് കടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ ഈ ഇന്നർ ഗ്രോത്ത് ഈ അഹങ്കാരത്തിന് ചിലപ്പോ അയേഷസ് വന്നാൽ നല്ലതെങ്കിൽ അപമാനം വന്നാൽ നല്ലതെങ്കിൽ അയേഷ ഇങ്ങനെ എന്തൊക്കെയോ ഇതിപ്പോ ചിലതൊക്കെ ഭഗവാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു ഒരു ഉത്തമ സാധകന് മനസ്സിലാവും എവറിത്തിങ് കംസ് ഫ്രം ദ സോഴ്സ് പുറമേക്ക് വരണതുപോലെ അകമേ തന്നെയാണ് വരണത് അപ്പൊ അകമേ പുറമേ ചില ആളുകളുടെ രൂപത്തിൽ വരും ഒരു കാരണമില്ലാതെ നമ്മളെ ആരോ ചീത്ത പറഞ്ഞിട്ട് പോകും ഉത്തമസാധകൻ അറിയും മത്തയേവ ഭവന്തി അന്തര്യാമിയായ ഈശ്വരൻ എന്നാണ് വരണത് അയാൾ എന്റെ ഏതോ ഒരു കർമ്മം കഴുകിക്കളഞ്ഞിട്ട് പോവുകയാണ് അത് ഈശ്വരനെ അറിയാം ഞാൻ സാധനം ചെയ്തിട്ടൊന്നും അത് പോവില്ല ഞാൻ ആത്മവിചാരം ചെയ്തിട്ടൊന്നും അത് പോവില്ല അത് അവൻ ചീത്ത പറഞ്ഞ് തന്നെ കളയണം അവനെന്നെ വെറുത്ത് നിന്ദിച്ചൊക്കെ തന്നെ കളയണം എന്ന് പറഞ്ഞു സന്തോഷമായിട്ട് മുനിസിപ്പാലിറ്റി കക്കൂസ് ക്ലീൻ ചെയ്യണവരല്ലേ അവരെ നമ്മൾ സീത്തു പറയോ അവരെ പോലെയാണ് ഈ നിന്ദിക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യണ ആളുകൾ ഏകനാഥസ്വാമി പറയണു അദ്ദേഹത്തിന് ഒരുപാട് പേര് നിന്ദിച്ചപ്പോ ഏകനാഥൻ പറഞ്ഞു യാതൊരു പ്രതിഭയച്ചില്ലാതെ ചെയ്യുന്ന കർമ്മയോഗികൾ കർമ്മയോഗമാണ് അവർ ചെയ്യുന്നത് ഒരു പ്രതിഫലച്ചയും കൂടാതെ നമ്മളെ ശുദ്ധാക്കി തരുകയാണവര് നമ്മളെ നിന്ദിച്ചും ചീത്ത പറഞ്ഞും നമ്മളുടെ കർമ്മമൊക്കെ എടുത്ത് നമ്മൾ കഴുകിക്കളഞ്ഞ് നല്ല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥം എന്നൊക്കെയാണ് അവരെ വിളിക്കണത് ഗംഗയെക്കാളും ഹരിദ്വാറിനെക്കാളും കാശിയേക്കാളും വലിയ തീർത്ഥാത്ര ഈ നിന്ദ ചെയ്യുന്നവൻ എന്താണെന്നുവെച്ചാൽ അവൻ ശുദ്ധാക്കി തീർക്കും നമ്മളെ നമ്മളെ പവിത്രമാക്കി തീർക്കും പക്ഷെ പവിത്രമാക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത് റിയാക്ഷനൊന്നും ഉണ്ടാവാൻ പറ്റില്ല നമ്മൾ സന്തോഷമായിട്ട് ഭഗവാനാണ് ആ രൂപത്തിൽ വന്നൊക്കെ ചെയ്യണത് എന്നറിയണം അങ്ങനെ ചെയ്താൽ നമ്മളുടെ ബുദ്ധിയൊക്കെ ശീതളാവും മനസ്സൊക്കെ ശീതമുളമാവും നേർവ്സൊക്കെ ലൈറ്റാവും കുറെ നിന്ദിച്ച് ചീത്തയൊക്കെ പറഞ്ഞ ചില മഹാപുരുഷന്മാർ തന്നെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ ചീത്ത പറയും ആരതി ഉഴീണു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ദൃഷ്ടി ദോഷം അത് ഏതൊക്കെ പറയൂ ഒക്കെ പോയി അറിയണമെത്ര നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസും പുറത്തു വരുന്ന ഓരോന്നും പുറത്തു നിന്നല്ല വരണത് അതിന് സമാനമായിട്ട് ആനുപാതികമായിട്ട് എന്തോ ഒരു ദോഷം ഉള്ളിലുണ്ടാവണം ആ ആനുപാതികമായിട്ടുള്ള ഒരു ദോഷത്തിന്റെ ഒരു കണ്ണാടി മാത്രമാണ് ഈ പുറത്തു വരുന്ന വ്യക്തികള് ഇൻസിഡൻസ് ഇവൻസ് ഒക്കെ അത് പുറത്തു വരുന്നു അതിന് ആനുപാതികമായിട്ട് ഉള്ളിലുള്ള നമ്മൾ ശരിക്കും നിന്നുകൊടുത്താൽ ഉള്ളിലുള്ളതിനെ എടുത്തോണ്ട് പോകും ഉള്ളിലുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തുകൊണ്ടു മത്തയേവൃതാഹ ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ എന്നിൽ നിന്നാണ് വരണതെന്ന് അറിഞ്ഞോളൂ അർജുന എല്ലാ ഭാവങ്ങളും അഗ്നിയില് സ്ഫുലിംഗം പോലെ യഥാസുദീപ് പ്രദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണാവതാരം രാമാവതാരമൊക്കെ എടുത്തുകൊണ്ടുവരണ പോലെ തന്നെ അന്തര്യാമി തന്നെയാണ് ഈ ഓരോ ഭാവങ്ങളുടെയും വേഷം ഇട്ടുകൊണ്ടുവരുന്നത് ഓരോ ഇമോഷന്റെയും വേഷമിട്ടുകൊണ്ടുവരണമെന്ന് അറിഞ്ഞാൽ നമ്മളുടെ അറിവ് പൂർണമാവും അവികംപയോഗം എന്ന് ഭഗവാൻ ഇനി പറയാൻ പോണു ദർ നോ സെപ്പറേറ്റ് ലൈഫ് എൻറ്റയർ ലൈഫ് ഇസ് ഡിഫൈങ് മുഴുവനും പൂർണമാണ് അതിനാണ് വിഭൂതി എന്ന് പറയുന്നത് ും ഓരോ ഇമോഷനും ഓരോ വികാരമും നമ്മൾ ആ അന്തര്യാമിയെ സമ്മതിച്ചു കഴിഞ്ഞു സെന്ററിൽ ഇരിക്കണ ആള് ഈശ്വരൻ അജമനാദിം വേത്തി ലോകമഹേശ്വരം എന്നറിഞ്ഞു മഹേശ്വരനാണ് ഇരിക്കണത് അല്ലാതെ ഒരു ഈഗോ ഒന്നും അല്ലാവിടെ ഇരിക്കണത് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ വാട്ട് എവർ കംസ് ഫ്രം ഹിം എന്തൊക്കെയാണോ ആ ഈശ്വരൻ നിന്ന് ഉദിച്ച് പൊന്തി ഒക്കെ ദിവ്യമാണ് അത് അകമേയ്ക്ക് വരണതും പുറമേക്ക് നമ്മളുടെ ജീവിതത്തിൽ കർമ്മമായിട്ട് വരണതും വ്യക്തികളായിട്ട് വരുന്നതും ഒന്നും കാരണമില്ലാത്തതേ അല്ല വിശ്വം പശ്യതി കാര്യ കാരണതെയ സ്വസ്വാമി സമ്പന്ധത ശിഷ്യ ആചാര്യതയാ തഥ പിതൃ പുത്രാദി ആത്മനേദ സ്വപ്ന ജാഗ്രതി വേഷ പുരുഷ മായാ പരിഭ്രാമിത തസ്മൈ ശ്രീഗുരുമൂർത്തേ നമയിതും ശ്രീ ദക്ഷിണാ കാര്യം കാരണം അച്ഛൻ അമ്മ ബന്ധുക്കള് ഭാര്യ ഭർത്താവ് ഗുരു ശിഷ്യൻ എല്ലാ രൂപത്തിലും അന്തര്യാമി തന്നെയാണ് വരുന്നത് ഭഗവാൻ തന്നെയാണ് വരുന്നത് മിത്രം ശത്രു ബ്രഹ്മമത് ശത്രു ബ്രഹ്മമത് മിത്രം എല്ലാ രൂപത്തിലും പരമേശ്വരൻ തന്നെയാണ് പല രൂപത്തിലും വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പരമേശ്വരനെ ആരാധിക്കണത് എങ്ങനെ ഭാവം വരണോ അങ്ങനെ ആരാധിക്കണു ഇതിൽ അറിവ് മാത്രമേ മാറുന്നുള്ളൂ ഭാവമൊന്നും മാറണില്ല ഭാവമൊന്നും മാറില്ല ഭാവമൊക്കെ തന്നെ ആ ഈശ്വരനോട് ചിലപ്പോ ചണ്ട തന്നെ കൂടേണ്ടി വരും പക്ഷെ ഈശ്വരനോടാണോ ചണ്ട കൂടണത് എന്ന് അറിയുമ്പോ ഹരണ്യ കശിപുവിന് ഇരണ്യാക്ഷനും ഒക്കെ ഉള്ളിന്റെ ഉള്ളില് നാരായണനാണ് ഭഗവാനാണെന്ന് അറിയാം പക്ഷെ വെറുപ്പ് ഈ വെറുപ്പ് എവിടെ നിന്ന് വന്നു ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണേ ഉള്ളില് അങ്ങനെ ഇളക്കി വിട്ടതാണ് കാരണം വൈകുണ്ഠത്തില് കാവൽ നിന്നിട്ടൊന്നും പോവാത്ത കുഴപ്പാണ് എന്നാലോചിച്ച് നോക്കൂ വൈകുണ്ഠത്തില് കാവൽ നിന്നിട്ടൊന്നും ആ സാധനം പോയില്ലേ ഉള്ളൊന്നും അപ്പോ ഇവിടെ വന്ന ആ വെറുപ്പ് മുഴുവൻ അതുകൊണ്ടാണ് ആ ശക്തിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെ അനുഭവിച്ചു തീർക്കാനുണ്ടോ എന്തൊക്കെ തലയിൽ ഉണ്ടോ അതൊക്കെ തന്നെ ഈ കരിമ്പ് മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി ഇറക്കി എടുത്ത് അവസാനം വരെ അല്ലേ അവർ ഈ ജ്യൂസ് അടിക്കുമ്പോ ഉണങ്ങി കഴിഞ്ഞ് പിന്നീടും പിന്നേം വരും പിന്നീടും അത് മുഴുവൻ പിഴിഞ്ഞെടുക്കണ പോലെ അതല്ലാതെ വരെ വഴിയൊന്നുമില്ല ഒരു ടെക്നിക്ക് നിങ്ങൾ ഒരു യോഗ കോഴ്സിന് ചേർന്ന് ഒരാഴ്ച കൊണ്ട് സിദ്ധനൊന്നും ആവില്ല കൊറേ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കുറെ പണം അവർക്ക് കിട്ടും അതേ പ്രയോജനമുള്ളൂ അത് ആ ആ മഹാശക്തിയില് പക്വമാവുക എന്ന് പറയണത് ഉണ്ടല്ലോ വളരെ വളരെ അപൂർവമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിദ്ധി പോലും മനുഷ്യനിൽ ഉണ്ടാവാൻ പറ്റില്ല എല്ലാ സിദ്ധിയും പ്രകൃതിയാണ് എല്ലാ ഭാവങ്ങളും പ്രകൃതിയാണ് ആ ഭാവം ഒക്കെ തന്നെ ഉള്ളില് തോന്നി നിക്കുമ്പോ അവസാന അതുകൊണ്ടാണ് നോക്കൂ ആദ്യ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ്പു എന്ത് പവർഫുള്ളേ പിന്നെ രാവണൻ കുംഭകരണൻ ആയപ്പോ ഒരാൾ ഒരേ അടിക്ക് ട്രാൻകുലൈസറായി മറ്റേയാൾക്ക് വലിയ പവറൊന്നുമില്ല കമ്പയർ ടു ഹിരണ്യകശിപ്പു ഒന്നുമില്ല അടുത്ത അവതാരത്തില് ആ ശിശുബാലൻ എവിടെയോ നായക കുറയ്ക്കണ പോലെ കുറച്ചുകൊണ്ടിരുന്നു ദന്തഭക്തര ആളെ കാണാനില്ല ൂണ്ണ പോലെയാണ് അപ്പോ അതെന്ന് അറിയണത് എന്താന്ന് വെച്ചാൽ ഭഗവത് സാക്ഷാത്കാരത്തിന് വലിയ വൈഭവൊന്നും വേണ്ട ഈശ്വരന്റെ അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ സാധാരണ ആയിക്കൊണ്ടേയിരിക്കും സിമ്പിൾ ആയിക്കൊണ്ടേയിരിക്കും ശീതളമായിക്കൊണ്ടേയിരിക്കും കുറഞ്ഞു ഈ ദോഷം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം സാധാരണ ആയിക്കൊണ്ടേ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് ഈ കരിമ്പ് ജ്യൂസ് പിഴിഞ്ഞ് എടുക്കണ പോലെ ചാറൊക്കെ എസെൻസൊക്കെ എടുക്കും അതൊക്കെ വറ്റിച്ചെടുക്കാണ് ഈശ്വരൻ അപ്പൊ ആ ഭാവങ്ങളൊക്കെ ഭഗവാനില് വരണു ആ ഭാവത്തിന് അധിഷ്ഠാനമായിട്ടുള്ള സത് സുള്ളില് ഈശ്വരന്റെ കൃപ ഉണ്ടാവുമ്പോ എന്താന്ന് വെച്ചാൽ ഭാവന ഉണ്ടാവും ഭാവന ലൗകികമായ ഭാവനയാണ് നമുക്ക് പലതുണ്ട് എന്നുള്ള ഭ്രമുള്ളത് കൊണ്ട് രാഗം ദ്വേഷം ഉള്ളതുകൊണ്ട് ഇവൻ അവൻ അത് ഇത് കാമം ക്രോധമൊക്കെ ആയിട്ട് മാറണു എല്ലാം ഈശ്വരൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഈശ്വരനെ പണമായിട്ട് കരുതുമ്പോൾ ആർത്തിയായിട്ട് മാറുന്നു ഈശ്വരനെ മകനായിട്ട് കരുതുമ്പോൾ പാശമായിട്ട് മാറുന്നു ഈശ്വരനെ സ്ത്രീ ആയിട്ടോ പുരുഷനായിട്ടോ കരുതുമ്പോൾ കാമായിട്ട് മാറുന്നു ഈശ്വരനെ അന്യനായിട്ട് കരുതുമ്പോൾ ചിലപ്പോൾ അസൂയായിട്ട് മാറുന്നു ചിലപ്പോൾ ദ്വേഷമായിട്ട് മാറുന്നു കോപമായിട്ട് മാറണു ഇതൊക്കെ തന്നെ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഈ വികാരങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ വേറെ അപ്പോ ആ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് ആകർഷിക്കുമ്പോൾ ഈ ജീവന്റെ ഉള്ളിൽ ഒരു ഭാവന ഉണ്ടാവും ഈ ഭാവനകളൊക്കെ മാറാൻ ഒരു വഴിയേ ഉള്ളൂ ഒരു ഭാവന ഉണ്ടാവും ഭഗവാൻ തന്നെ ഗീതയിൽ പറയണു അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ഭാവന ഉണ്ടാവും നാസ്തി ബുദ്ധി അയുക്തെന്നുവച്ചാൽ അയുക്തസ്യ ഭാവന എന്നുവച്ചാ അഭാവയത ശാന്തി അശാന്തസ് കുതസുഖം വിപരീത എക്സാമ്പിൾ ആണ് പറഞ്ഞത് അത് തിരിച്ചിട്ടാല് ഭഗവാൻ പറഞ്ഞത് യുക്തനായിട്ടുള്ളവൻ കർമ്മയോഗിയായിട്ടുള്ളവന്റെ ഉള്ളില് ഭാവന ഉണ്ടാവും എന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മളെ എവിടെ ജീവിപ്പിച്ചിരിക്കണോ ഏത് നിയത്തി തന്നിരിക്കണോ അതിനകത്ത് എന്തൊക്കെ ഈ കരിമ്പ് മെഷീനിൽ കിടന്ന് ചുറ്റി ചുറ്റിക്കൊണ്ടിരുന്ന് നിസ്സംഗമായിട്ട് നിഷ്കാമ്യമായിട്ട് ഇരുന്നു കൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ ചിത്തം ശുദ്ധമാവുമ്പോൾ ഭാവന ഉണ്ടാവും ഭാവന എന്താന്ന് വെച്ചാൽ ഭക്തിയാണ് ഭാവന അതായത് ജ്ഞാനം കണ്ണാണ് ഈ ഭക്തി ഭാവനയാണ് ഭാവനയ്ക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ചില പക്ഷികളൊക്കെ തന്നെ സൂര്യൻ ഉദിക്കണതിന് മുമ്പ് കൂവാൻ തുടങ്ങും രവീന്ദ്രനാഥ് ടാഗോർ അത് എക്സാമ്പിൾ പറയണ്ട് ചില പക്ഷികളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചലച്ചു തുടങ്ങും സൂര്യൻ ഉദിക്കണതിന് കുറെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പറഞ്ഞത് ദീൽ ലൈറ്റ് എന്നാണ് ദോട്ട് സീ ലൈറ്റ് ബട്ട് ദീൽ സ്മെൽ ലൈറ്റ് അതുപോലെയാണല്ലോ ഭക്തി ഭഗവാനെ കണ്ടിട്ടില്ലേ പക്ഷെ കാരണമില്ലാതെ ഒരു പ്രേമം കാരണമില്ലാതെ ഒരു ഭാവം അത് ഭാവനയാണ് ആ ഭാവന ഭവു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്നാണ് മീമാംസകന്മാർ പറഞ്ഞത് വരാൻ പോകുന്നത് ഇവരിവിടുന്ന് ഭാവന ചെയ്തു ഭാവനയെ ആദ്യം കൊടുത്തിട്ടാണ് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് പലർക്കും ഗുരു വരണതിനു മുമ്പ് തന്നെ ഗുരുവിൻ്റെ ഒരു ഭാവനയുടെ ബീജം അവരുടെ ഉള്ളിൽ കിടക്കും അതുകൊണ്ടാണ് ഗുരുവിനെ കാണുമ്പോൾ തന്നെ റെക്കഗ്നീഷൻ ഉണ്ടാവുന്നത് ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ആ ഭാവനയുടെ ബീജം അകമേക്ക് കിടക്കും അപ്പോ ഇതൊക്കെ തന്നെ മത്തയേവ പൃഥക്വിത എല്ലാം ആത്മാവിൽ നിന്ന് തന്നെ അന്തര്യാമിയിൽ നിന്ന് തന്നെ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു ആ ഭഗവാനിൽ നിന്ന് തന്നെ പൂർണ്ണ പുരുഷന്മാരൊക്കെ ഉണ്ടാവണം അതാണ് നമ്മൾ വീണ്ടും നോക്കൂ മഹർഷയ സപ്തപൂർവേ ചാ ലോക ഇമാർഷയ സപ്ത പൂർവ്വേ ചരോ മനവഭാ മാനസാ ലോക ഇമാവാനിൽ നിന്നുമാണ് സപ്തഋഷികളും മനുക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പൂർവമനുക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സപ്തഋഷികള് ഭു മരീച്ചി അത്രി പുലഹൻ പുലസ്ത്യൻ വസിൻ കുത്സ വസി ഗൗതമ കശ്യപരസ എന്ന് വേറൊരു പറയുന്നു ഇതൊക്കെ തന്നെ ഭൂഹു ഭൂവഹ സുവ ജനഹ തപഹ സത്യം എന്നുള്ള സപ്തവ്യാഹൃതികൾക്കും അഗ്നി വായു അർക്കാഗീശ വരുണഇന്ദ്ര വിശ്വേദേവതകളായിട്ടും ഇതിന് സപ്ത ഋഷികളായിട്ടും ഒക്കെ സന്ധ്യാവന്തനത്തിൽ ഉപയോഗിക്കണ കാര്യങ്ങളാണ് ഓരോന്നിനും ഓരോ വ്യാഹൃതിക്ക് ഒരു ഋഷിയും അത് ചിലപ്പോ കണക്ഷനെ അറിയില്ല എത്രയോ കാലം സന്ധ്യാവന്തനം കഴിഞ്ഞിട്ടാണ് ഇതിനുപോലെ സംബന്ധം ഉണ്ടെന്ന് മനസ്സിലാവണം അത്രേ ഭൃഗു കുത്സ വസിഷ്ഠ ഗൌതമ കശ്യപ അങ്കിരസ ഋഷയാ അതുപോലെ ഓരോന്നിനും ഛന്തസ് ഗായ ഉഷ്ണിക് അനുഷ്ഠു ബൃഹതി പങ്ക്തിഷ്ടും ജഗത്യാഹ വൈദിക കാര്യങ്ങൾ ആവശ്യമില്ല ഇപ്പൊ നമുക്ക് അപ്പോ ഈ സപ്ത ഋഷികള് ഏഴ് ഋഷികള് അതുപോലെ മനുക്കള് പൂർവമനുക്കൾ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളു പൂർവേ സപ്തരിഷയ സപ്ത ഋഷയ അവർക്ക് മുമ്പുള്ള സപ്തഋഷികൾക്ക് മുമ്പുള്ള നാലുപേർ എന്ന് പദച്ചേദം ചെയ്തെടുത്താൽ സനകൻ സനന്ത സനാതനൻ സനത്കുമാരൻ എന്നുള്ള ബ്രഹ്മകുമാരന്മാർ പൂർവേ ചത്വറ പിന്നെ ഈ പതിനാല് മനുക്കള് എന്ന് വേറെ എടുക്കണം പിന്നെയുള്ള മനുക്കളെ വേറെ എടുക്കണം പിന്നെയുള്ള മനുക്കളെ എടുത്താൽ ഉത്തമൻ താമസൻ സൂര്യൻ സ്വായംഭുവൻ സ്വാരോചിഷ്യൻ ദൈവത്തൻ ചാക്ഷുഷൻ ബോധ്യൻ രോച്യൻ വൈവസ്വതൻ ബ്രഹ്മാവ് ദക്ഷൻ ധർമ്മ രുദ്രൻ എന്നിവരാണ് പതിനാല് മനുക്കൾ വൈവസ്വത മന്വന്തരമാണിപ്പോ അങ്ങനെ എടുക്കാം അപ്പൊ പതിനാല് മനുക്കള് ഏഴ് ഋഷികള് അതിനു നാല് ബ്രഹ്മകുമാരന്മാര് ഇവരൊക്കെ എവിടുന്നു മദ്ഭാവ മാനസാ ജാത്ത ഇതൊക്കെ തന്നെ മാധവന്മാർ വലിയ സിദ്ധാന്തമാണ് അവർക്ക് ഇതൊക്കെ ഇവരൊക്കെ നിത്യസൂരികളാണ് അവർ പറയണത് അഞ്ചു ഭേദങ്ങൾ എപ്പോഴുണ്ടാവുന്നതാണ് ജീവനും ഈശ്വരനും ഉള്ള ഭേദം ജീവനും ജീവനുള്ള ഭേദം ജഡത്തിനും ചൈതന്യത്തിനുമുള്ള ഭേദം പിന്നെന്താ ജഡത്തിനും ജടത്തിനുമുള്ള ഭേദം നിത്യസൂരിയകൾ നിത്യബദ്ധന്മാർ നിത്യമുക്തന്മാർ എന്നുള്ള ഭേദം പിന്നീട് വേറൊരു കാറ്റഗറി ആയിട്ട് ഈ ഭേദം ഇപ്പം അവർ പറയുമെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ പ്രകൃതിയിൽ ഉള്ളതാണത് ആ ഭേദം ഒരു ഡയമെൻഷനാണ് അവർ പറയണത് ഒരു ഡയമെൻഷനിലുള്ള സത്യമാണ് അവർ പറയണത് ഈ സ്പീഷി ഈ ബീജുണ്ടല്ലോ എപ്പോഴും ഒരേപോലെ ഉണ്ടാവുന്നു ഇത്ര എൺപത്തിയാറ് ലക്ഷം യോനികൾ എന്ന് പറഞ്ഞാൽ ആ യോനികളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നു അതൊരിക്കലും ഈ സ്ഥൂല രൂപമേ നശിച്ചു പോകുള്ളൂ എന്നല്ലാതെ അതിന്റെ സൂക്ഷ്മരൂപമായ ബീജമുണ്ടല്ലോ അജമാണോ നിത്യമാണോ അതവിടെ കിടക്കും അതും ഒരു ഡയമെൻഷനിൽ അതും ഈശ്വരൻ തന്നെയാണ് എല്ലാ രൂപത്തിലും അദ്വൈതം എന്ന് പറയുന്നത് വേദം മുഴുവൻ ഉള്ളടക്കിയിരിക്കണു അതിനകത്ത് അപ്പൊ ഈ സപ്ത മനുക്കളും എല്ലാവരും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അവരൊക്കെ എല്ലാ കാലത്തും ഉള്ളവരാണ് നമ്മുടെ ഭഗവാനെടുത്ത് ചോദിച്ചു ഭഗവാൻ ഇവരൊക്കെ ഉണ്ടോ നിങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ അവരുണ്ടാവാൻ എന്താ ബുദ്ധിമുട്ട് നമ്മൾക്കാർക്കും നമ്മളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല മനുക്കൾ മഹർഷികളുണ്ടോ ദേവന്മാരുണ്ടോ എന്നുള്ളതാണ് സംശയം അല്ലെ സിമ്പിൾ ലോജിക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവും അങ്ങനെ എന്തുകൊണ്ടുണ്ടാവാൻ പാടില്ല ഇതേ തരം ആളിപ്പോൾ സയന്റിസ്റ്റ് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും എന്തോ ഒരു ടെലസ്കോപ്പ് വെച്ച് നോക്കി എന്തെങ്കിലും വിഡിത്തം വിളമ്പിയാ അതൊക്കെ വിശ്വസിക്കും ഇത്ര കാലം ഒമ്പത് ഗ്രഹങ്ങളെന്ന് പഠിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ പറഞ്ഞു ഒമ്പത് ഇല്ല ഒരു ഗ്രഹം കാണാനില്ല എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്ലാനറ്റ് എന്തോ വീട്ടിൽ വെച്ച നെല്ലിക്ക കാണാനില്ല കടുക്ക കാ കടകുമാങ്ങ കാണാനില്ല എന്നൊക്കെ ഒരു ഗ്രഹം കാണാനില്ല എന്ന് പറയുന്നത് എന്നിട്ട് ഒരു ശബ്ദവും ഇല്ല നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയതൊക്കെ പോയി ആര് മാർക്ക് തരും എന്നിട്ട് ഇപ്പൊ പറയുന്നത് അത് ഉണ്ട് പറയാം ഇല്ലെന്നും പറയാം അത് ഗ്രഹ് ഇപ്പൊ ഇവരുടെ അറിവിന് എന്ത് പെർഫെക്ഷനാ ഉള്ളത് ഇപ്പൊ ഇതാ ഒരു പതിനെട്ട് മാസം യാത്ര പുറപ്പെടാൻ പോവാണ് കുറെ പേര് ഗംഭീരമായിട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ചൊവ്വേലിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല പതിനെട്ട് മാസം യാത്ര ഇവിടുന്ന് ചൊവ്വാ ഗ്രഹത്തിലേക്ക് അയക്കാൻ പോവാത്രേ ഈ അയക്കണവരാരും പോയിട്ടൊന്നുമില്ല അവർ പോവില്ല അവരിവിടെ പൈസ ഒക്കെ വാങ്ങി ബാങ്കിലിട്ടിട്ട് ഏതോ ഒരു പട്ടിയിൽ കയറ്റി മുകളിലേക്ക് അയക്കാൻ പോണു അതിന് ട്രെയിനിംഗ് ഒക്കെ കൊടുക്കാൻ പോകണു അത്രേ ഇവർ അവിടെ പോയിട്ട് ചൊവ്വയിൽ പോയി താമസം അർപ്പിക്കാൻ പോണു തിരിച്ചൊന്നും കൂട്ടിക്കൊണ്ടുപോവില്ല വൺ വേ ട്രിപ്പ് അത്രപേ നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടോന്നറിയാം അങ്ങനെ ഒരു തമാശ അതിനും കേരളത്തിലുള്ള കുറച്ചുപേര് ബുക്ക് ചെയ്തിട്ടുണ്ടോന്നുള്ള അഭിമാനം അപകടം മനസ്സിലായിട്ടില്ല ഇത് നല്ല ബുക്കിംഗ് ആണ് വെച്ചാൽ ഇപ്പൊ ഒരു ഉത്സാഹത്തിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചു പിന്നെ വാസ്തവത്തിൽ കൂട്ടിക്കൊണ്ടു പോവുമെങ്കിൽ ആ അഞ്ചാറ് വർഷമോ എട്ട് വർഷമോ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ അവര് ചൊവ്വയും കടന്നു പോയിക്കളയും ടെൻഷൻ കാരണം പുറപ്പെടേ തിരിച്ചൊന്നും വരില്ലേ അപ്പോ ഇതിപ്പോ അവർ ആരെങ്കിലും കേട്ടാത്തന്നെ അവർക്ക് ടെൻഷനാകും നമ്മൾ പറയണ കാര്യം ഇതിലൊക്കെയാണ് മനുഷ്യന് ഉത്സാഹം ഇതിലൊക്കെയാണ് ഉത്സാഹം എവിടെങ്കിലും പുറത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടാലും ആർക്കും അറിയില്ലല്ലോ ഇതിലൊക്കെയാണ് ഉത്സാഹം മനുഷ്യന് അതൊക്കെ നമുക്ക് വിശ്വാസം വരും അത്ര ദിവ്യമാണ് ഈ ഭാവം നോക്കൂ ഭഗവാനെന്ന് ആദ്യമായി മഹർഷികള് സനകൻ സനന്ദനൻ സനത്കുമാരൻ ഒക്കെ ഉണ്ടായി രുദ്രനുണ്ടായി ബ്രഹ്മാവുണ്ടായി ഫോർമൽ ക്രിയേഷൻ ഈസ് പ്യുർ ഇന്റലിജൻസ് എന്ന് പറയുമ്പോ അത് അശാസ്ത്രീയം നമ്മൾ പറയണത് എന്തായാലും നമ്മളുടെ മുത്തശ്ശൻ കുരങ്ങനായിരിക്കണം അത്ര ഒരു നിർബന്ധം എന്തോ ഒരു സന്തോഷാ പറയുമ്പോൾ നമ്മൾക്ക് മുമ്പുള്ളവരൊക്കെ വിഡകളാണെന്നാണ് നമ്മളാണ് ഇപ്പൊ ഏറ്റവും സിവിലൈസ്ഡ് അതാണ് ഈ സമൂഹം ഇങ്ങനെ തലകിഴായിട്ട് ഒന്നിനൊരു ത്യാഗമില്ല സത്യമില്ല ദയയില്ല കാരുണ്യമില്ല മനുഷ്യന് ശാന്തമായിട്ടിരിക്കണത്തില്ല ഒക്കെ ജപ്പടി വിത്തൈ കട്ടി ഇപ്പടി മയക്കുവിട്ട ഉരുപടും വിത്തൈ കാട്ടറും ഒക്കെ ഇന്ദ്രജാല എന്തൊക്കെയോ വാഹനങ്ങൾ സർവ്വത്രപ്പ ഞങ്ങളുടെ പാലക്കാടൊക്കെ തന്നെ ഇപ്പോഴാണ് അന്വർത്ഥനാമാവായിരിക്കുന്നത് പാലക്കാട് മുഴുവൻ പാലാണ് എവിടെ നോക്കിയാലും പാലം കെട്ടാണ് നടക്കാൻ സ്ഥലമില്ല ഇപ്പൊ പാലങ്ങളുടെ കാടായിരിക്കാണ് നിങ്ങളുടെ പാലക്കാട് നമ്മള് പുരോഗമിച്ച് പുരോഗമിച്ച് മനുഷ്യൻ ഇപ്പൊ നാളെ നിങ്ങൾ ശ്വാസം വിടണമെങ്കിൽ ഒരു ആധാർ കാർഡ് എടുക്കേണ്ടി വരും ഗവൺമെന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ശ്വാസം വിടാൻ നിങ്ങളുടെ വീട്ടിൽ പോയി മരം മുറിക്കാൻ പറ്റില്ല ഒരു തുളസി വെക്കാൻ പറ്റില്ല അല്ലേ ഈ സ്ഥിതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സിവിലൈസേഷൻ കൾച്ചർ മനുഷ്യന് വിശ്വാസം ഇല്ല നിങ്ങൾ ഒരു കടലാസ് കാണിക്കുന്ന പറയണത് നിങ്ങള് ഞങ്ങള് പറയണു നിങ്ങള് തത്വമസി ബ്രഹ്മമാണെന്ന് പറയണു എയർപോർട്ടിൽ പോയാൽ അയാൾ ആദ്യം തന്നെ പറയണത് നീ അല്ലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പേപ്പർ കാണിക്കുന്ന പേപ്പറിലാണ് വിശ്വാസം മനുഷ്യന് ആദ്യം നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ട്രസ്റ്റ് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ധനിയ നന്മ വരും അതിൽ കൊറേ എറേഴ്സൊക്കെ ഉണ്ടാവും ചിലരൊക്കെ പറ്റിക്കുമായിരിക്കും അതല്ലെങ്കിലും പറ്റിക്കും ഇതറിയാനുള്ള കോമൺ സെൻസും ഇത്രയൊന്നും ജീവിതം കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല കടലാസും ഈ ഒരു വിവരവും ഓഫീസറുടെ മുമ്പിൽ പോയി കൈകെട്ടി നിന്ന് അയാളോട് ചോദിച്ച് വാങ്ങിച്ച് എന്തു വിഷമ തിരുവണ്ണാമലയിൽ ഇപ്പോൾ സാമിയാർമാർക്കൊക്കെ അവിടെയുള്ള ആണ്ടികൾക്കൊക്കെ ആധാർ കാർഡ് കൊടുത്തു കൂട്ടമായിട്ട് എല്ലാരെയും ബസ്സിൽ കൂട്ടിക്കൊണ്ടുപോയി കൊടുത്തു ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ കള്ളന്മാരുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് കള്ളന്മാരെ ഇങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ അവരാണ് ആദ്യതൊക്കെ എടുത്ത് സേഫായിട്ട് വെക്കുക നമ്മളെ പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും വിശ്വസിക്കണം എല്ലാവരുടെ ഉള്ളിലും ഹൃദയത്തിലും ഭഗവാനുണ്ട് വിശ്വസിച്ചിട്ട് പറ്റിക്കപ്പെട്ട കുഴപ്പമൊന്നുമില്ല കുറച്ച് പറ്റിക്കപ്പെടാലോ അതല്ലെങ്കിലും നമ്മൾ പറ്റിക്കപ്പെടും അങ്ങനെ പറ്റിക്കണവരെങ്ങനെയാണെങ്കിലും പറ്റിക്കും വിശ്വസിക്കാം വിശ്വസിക്കാം സനാതനധർമ്മം എന്ന് പറയണത് മനുഷ്യന് മനുഷ്യന്റെ അടുത്തുള്ള വിശ്വാസം മാത്രാണ് ശ്രദ്ധ മാത്രാണ് ഹൃദയത്തിൽ അന്തര്യാമിയായ ഭഗവാനുണ്ട് എന്ന് സ്വീകരിക്കാം ഇറ്റ് വർക്ക്സ് എല്ലാം ഭഗവാന്റെ അടുത്തു നിന്നാണ് വരണത് സൃഷ്ടി ഭഗവാന്റെ അടുത്തു നിന്നാണ് വന്നിരിക്കണത് ജടത്ത് സൃഷ്ടി സൂത്രഭാഷ മുഴുവൻ ആചാര്യസ്വാമി സിദ്ധാന്തിക്കുന്നത് അത് മാത്രാണ് എല്ലാം ബ്രഹ്മത്തില് സമന്വയിപ്പിക്കാണ് തമന്വയാ എല്ലാം ബ്രഹ്മത്തിൽ സമന്വയിപ്പിക്കുകയാണ് എല്ലാം അവിടെ നിന്നാണ് സൃഷ്ടിന്ന് ക്രിയേഷൻ ജടത്ത് മാറ്റർ എന്നല്ല ഇറ്റ് ഈസ് ഫ്രം കോൺഷ്യസ്നെസ് ഈശ്വരൻ എവിടുന്ന് അമ്മ വന്നുവോ അച്ഛൻ വന്നു അല്ലേ ഒരു കുട്ടി ജനിച്ചോണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വാർത്ഥയായ ഒരു സ്ത്രീ ആ കുട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യുമൊക്കെ ചെയ്ത് വളർത്താൻ ശ്രമിക്കണം അവരുടേതല്ല അത് അവരുടെ ഉള്ളിലേക്ക് ആ സമയത്ത് ആ ഒരു പാശം വരികയാണ് ഇപ്പൊ മൃഗങ്ങളിലതുണ്ട് മൃഗങ്ങൾക്ക് മനസ്സില്ലാത്തത് എന്താ ആ കുട്ടി വളരണ വരെ ഈശ്വരൻ ആ പാശം വെച്ചിട്ട് എടുത്തു കളയണം പിന്നെ അതിന് റെക്കഗ്നൈസ് ചെയ്യാതെ ഓടിച്ചു കിട്ടും മനുഷ്യനിൽ ആ പാശമുണ്ട് പക്ഷെ മനസ്സുള്ളത് കൊണ്ട് യു റെജിസ്റ്റർ ഇട്ട് എന്റെ മകൻ എന്നുള്ളത് എത്ര വയസ്സായാലും മകനായിട്ട് നിൽക്കും അത് ഈശ്വരൻ എന്ന് വരണതാണ് ഭാവാഹാമത്തേവ് ആ ഭാവം വ്യക്തിയുടെ ഒന്നുമല്ല അന്തര്യാമയുടെയാണ് ഹൃദയത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശ്വരൻ എന്ന് പറയണത് എലക്ട്രിസിറ്റി പോലൊരു സാധനമല്ല അത് അമ്മയാണ് അച്ഛനാണ് മകനാണ് ബന്ധുവാണ് സുഹൃദം സർവഭൂതാണാത്വാമാം ശാന്തി മരിച്ചതി സുഹൃത്താണ് കാരുണ്യമാണ് കാരണം അതൊക്കെ നമ്മൾ ഈ സോഴ്സിൽ കാണണുണ്ട് മാനിഫെസ്റ്റ് കാണുന്നുണ്ട് ക്രിയേഷനിൽ കാണുന്നുണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ കാണുന്നുണ്ട് ഈശ്വരൻ ആ സ്ത്രീയിൽ കാണാം ഒരു കുരങ്ങൽ കാണാം ഒരു പൂച്ചയില് കാണാം ഒരു കാണാം ഒരു നായെ കഴിഞ്ഞാൽ നോക്ക് അടുത്തു പോകാൻ സമ്മതിക്കില്ല ആ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ഈശ്വരനാണ് അതേ വളർന്നു കഴിഞ്ഞാൽ അത് പോയി മതഏവ പൃഥക്വിധാ പലേ വിധത്തില് മാനിഫെസ്റ്റോയിർവരൻ പ്രപഞ്ചത്തില് അങ്ങനെ എല്ലാമെല്ലാമായിട്ട് നിൽക്കുന്നത് നമുക്ക് പ്രത്യക്ഷമായിട്ട് വിശ്വം ഇതം ഹി വിശ്വം ഭഗവാൻ ഇവതരോ യോ ജഗത്സ്ത നിരോധസംഭവാ തദ്ധി സ്വയം വേദഭവാൻ തഥാ പ്രാദേശമാത്രം പ്രദർശിതം ഭഗവത്ഥത്തിൽ വ്യാസന്റെ അടുത്ത് നാരദൻ പറഞ്ഞതാണ് ഇതം ഹി വിശ്വം ഭഗവാൻ ഇതരഹാതി ഇത് ഭഗവാൻ തന്നെയാണ് അല്ലാത്ത പോലെ തോന്നുന്നു ഏതിലാണോ ജഗത് സ്ഥാന നിരോധ സംഭവാഹ ഉദ്ഭവം സ്ഥിതി നിരോധമൊക്കെ ഏതിൽ സംഭവിക്കണമോ അതിനെ അറിയാം അറിഞ്ഞാൽ മറ്റേ സപ്തഋഷികളും സനത് കുമാരാദികളും മനുക്കളും ഒക്കെ തന്നെ ഭഗവാൻ പറഞ്ഞു എന്നിൽ നിന്നാണ് ഹേ അർജുന ഉണ്ടാവണത് അങ്ങനെ എന്നെ അറിഞ്ഞാൽ എന്താ പ്രയോജനം എല്ലാം ഭഗവാനിൽ ഉണ്ടാവണം ഭഗവാനിൽ നിൽക്കണു ഭഗവാൻ ലയിക്കുന്നു അപ്പൊ മൂന്ന് കാലത്തിലും ഭഗവാനെ ഉള്ളൂ എന്നറിയുമ്പോ കണ്ണടച്ചും കണ്ണു തുറന്നും ഒക്കെ യോഗസ്ഥിതി സമാധിസ്ഥിതിയാണ് അവി കമ്പയോഗം നമ്മൾ ഇനി വൈകുന്നേരം കാണാം ഈ അധ്യായത്തിലെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗമാണ് അവികമ്പ യോഗം നിശ്കമ്പനമില്ലാത്ത യോഗം വേദാന്തത്തിലെ സഹജ നിർവികൽപ സമാധി എന്നൊക്കെ പറയുന്നത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണത് അതൊരു സ്റ്റേറ്റ് അല്ല ജ്ഞാനം തന്നെയാണ് അത് നമ്മുടെ വൈകുന്നേരത്തെ പ്രഭാഷണത്തില് കാണാം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹേ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരെമ രാമ രാമ ഹേ ഹരി ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ യമാത്മാവസി യഥാഷ്ടം ഗുരുമാൻ തഥൈ റമാത്മനാഥ രമണം ഭ